നിങ്ങൾ യുദ്ധത്തിൽ നേടിയെടുക്കുന്ന ഏതൊരു വസ്തുവിലും അഞ്ചിലൊന്ന് അള്ളാഹുസുബഹാനഹുവലാവിനും റസൂലിനും കുടുംബബന്ധമുള്ളവർക്കും അനാഥകൾക്കും ദരിദ്രർക്കും വഴിപോക്കർക്കുമുള്ളതാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക അള്ളാഹു സുബഹാനഹുവലായിരും രണ്ട് സൈന്യങ്ങൾ ഏറ്റുമുട്ടിയ സത്യവിവേചന ദിനത്തിൽ നമ്മുടെ ദാസനായ മുഹമ്മദ് നബിസല്ലാഹു അലഹി വസ്ലംക്ക് നാം അവതരിപ്പിച്ചതിലും നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബഹാനഹുവയാല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു